നമുക്കിന്ന് സന്തോഷത്തോടെ കുഞ്ഞുങ്ങൾ പാടിയതുപോലെ റിജോയ്സ് സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം അവസാനം തന്നല്ലോ നമുക്കിന്ന് ഇവിടെ ആയിരിക്കാൻ കഴിയുന്നത് ലോകം അവസാനിക്കാത്തത് കൊണ്ടാണ് നമുക്കിവിടെ ആയിരിക്കാൻ കഴിയുന്നത് ഈ ആഴ്ചയിലെ ലോകം അവസാനിക്കും എന്നായിരുന്നു പലരും കരുതിയത് എന്നാൽ ലോകം അവസാനിച്ചില്ല നാം ഇന്നിവിടെ ആയിരിക്കുന്നു ലോക അവസാനത്തെക്കുറിച്ചുള്ള ചിന്തകൾ പല കാലങ്ങളിൽ പലരുടെ മനസ്സിലുണ്ട് പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ചുറ്റുപാടുമുള്ളവരെ പോലെ അതൊരു പേടിപ്പിക്കുന്ന ഒരു കാര്യമല്ല ഭയപ്പെടുത്തുന്ന ഒരു കാര്യമല്ല നാളുകൾ കഴിയും തോറും രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒന്ന് ഒന്നുകിലെ നമ്മുടെ മരണത്തോടെ നമ്മൾ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു ജനിച്ച എല്ലാവരെ സംബന്ധിച്ചും യാഥാർത്ഥ്യമായ ഒരു കാര്യമേ ഉള്ളൂ അവരേത് നിലയിലായിത്തീരുമെന്നോ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്നോ ഒന്നും ഉള്ളതിനെക്കുറിച്ച് ഒരു ഗ്യാരണ്ടിയുമില്ല പക്ഷേ ജനിച്ച എല്ലാവരെ കുറിച്ചും ഉള്ള ഓരൊറ്റ ഗ്യാരണ്ടി എന്ന് പറയുന്ന അവരെല്ലാം മരിക്കുമെന്നുള്ളത് അപ്പോൾ നാളുകൾ എഴുതും തോറും ജനനം കഴിഞ്ഞ് ഓരോ ദിവസം കടന്നു പോകും തോറും ഓരോ വർഷം കടന്നു പോകും തോറും നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത് ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ മരണത്തോടെ കൂടുതൽ അടുത്തു അല്ലെങ്കിൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ വരവിൽ ഹൃദയം വച്ചിരിക്കുന്ന അവൻ്റെ വരവിൽ അവൻ്റെ പ്രത്യക്ഷതയിലെ പ്രിയം വെച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതൊരു കാര്യം അടുത്തു കർത്താവിൻ്റെ വരവെടുത്തു അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് കാഹളം തുനിക്കുകയും മരിച്ചവരക്ഷയരായിട്ട് ഉയർക്കുകയും ചെയ്യും ഒന്നുകിൽ ഞാൻ മരിച്ചു പോയാൽ ഞാൻ എന്തു ചെയ്യും ഉയർക്കും കർത്താവ് അല്ലെങ്കിൽ പൗലോസ് പറയുന്നു പൗലോസിൻ്റെ തന്നെ ജീവിതത്തിൽ പൗലോസ് കരുതിയത് തൻ്റെ ജീവിതകാലത്തിൽ തന്നെ കർത്താവ് കടന്നു വരുമെന്നാണ് അങ്ങനെയുണ്ടെങ്കിൽ പൗലോസ് പറയുന്നു പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം കർത്താവിനെ എതിരേൽക്കേണ്ടതിനു മേഘങ്ങളിൽ എടുക്കപ്പെടും അങ്ങനെ നാളുകളും വർഷങ്ങളും കടന്നു പോകുമ്പോൾ നാം ഒന്നുകിൽ നമ്മുടെ മരണത്തിൻ്റെ ദിവസത്തോടടുത്തു അല്ലെങ്കിൽ കർത്താവിൻ്റെ അക്ഷരപ്രകാരമുള്ള രണ്ടാം വരവിനോടടുത്തു നാം ശരീരത്തിലിരിക്കുകയാണെങ്കിൽ നാം കർത്താവിനോടൊപ്പം ചേർക്കപ്പെടും മരണത്തിലാണെങ്കിലോ നാം കർത്താവിനോടൊപ്പമാണ് ചേരുന്നത് അങ്ങനെ ലോകാവസാനവും മരണവും ഒക്കെ ആളുകളെ ഭയപ്പെടുത്തുമ്പോൾ നമ്മളെ ആ കാര്യങ്ങൾ അങ്ങനെ ഭയപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല നമുക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് കർത്താവിനോട് ചേരാനായിട്ടുള്ള ദിവസങ്ങൾ അടുത്തു വരുന്നല്ലോ എന്നുള്ള വലിയ പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് ആ വർഷം നമ്മളെ വിട്ട് കടന്നു പോവുകയാണ് അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ രണ്ടായിരത്തി വിസ്മൃതിയിലേക്ക് കടന്നു പോകുന്നു കടന്നു വരുന്നു പതിമൂന്നെന്ന് പറയുന്നത് ലോക ദൃഷ്ടിയിൽ അത്ര നല്ല സംഖ്യ ഒന്നുമില്ല പതിമൂന്ന് നിങ്ങൾക്കാർക്കെങ്കിലും അതിനെക്കുറിച്ച് പേടിയുണ്ടോ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല കർത്താവ് കർത്താവാണ് ഇതിനെ എല്ലാം സൃഷ്ടിച്ചത് ആ പണ്ട് ഒരു കുഞ്ഞിനോട് ചോദിച്ചു നിനക്ക് പേടിയുണ്ടോയെന്ന് ചോദിച്ചപ്പം കുഞ്ഞു പറഞ്ഞു കപ്പലിൽ പോവുകയായിരുന്നു കപ്പലിൽ കാറ്റും കോളും ഒക്കെ ഉണ്ടായി കാറ്റും കോളും ഒക്കെ ഉണ്ടായി യാത്രക്കാരെല്ലാം പരിഭ്രാന്തരായിട്ട് നിന്നപ്പോൾ ഒരു കൊച്ചു കുഞ്ഞു മാത്രം ആ ഡെക്കിൽ വലിയ പരിഭ്രാന്തി ഒന്നുമില്ലാതെ നിന്നപ്പോൾ ഒരു ഒരു പ്രായമുള്ള പിതാവ് അവനോട് ചോദിച്ചു മോനെ നിനക്ക് പേടിയില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അവന് വളരെ നിഷ്കളങ്കമായിട്ട് വളരെ കാഷ്വലായിട്ട് പറഞ്ഞു ഞാൻ എന്തിനാണ് പേടിക്കുന്നത് എൻ്റെ പപ്പായല്ലേ കപ്പൽ ഓടിക്കുന്നത് എന്ന് പറഞ്ഞു അതായത് ആ കപ്പിത്താൻ്റെ മകനായിരുന്നു കൊച്ചുമകനായിരുന്നു ആ ഡക്കിൽ നിന്നത് അവൻ ഒരു കാര്യം ഉറപ്പുണ്ട് ഈ കാറ്റും കോളും വരും പോകും പക്ഷെ എൻ്റെ പപ്പായാണ് എൻ്റെ പിതാവാണ് ഈ കപ്പൽ ഓടിക്കുന്നത് എന്നുള്ള ഉറപ്പ് അവനുണ്ടായിരുന്നു പ്രിയപ്പെട്ടവർ രണ്ടായിരത്തി പന്ത്രണ്ടിൻ്റെ അവസാന ദിവസങ്ങളിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ ഭാവി പേടിപ്പിക്കേണ്ട കാര്യമില്ല കാരണം നമുക്കൊരു കാര്യം അറിയാം ഈ കാലത്തെ മുഴുവൻ നിർമ്മിച്ചവൻ ഈ കാലത്തെ മുഴുവൻ ഇങ്ങനീ നിലയിൽ ക്രമീകരിച്ചവൻ ആ കർത്താവ് ആ പിതാവ് അവൻ അവിടുന്ന് നമ്മുടെ സ്വർഗീയ പിതാവാണ് ആ ദൈവം നമ്മുടെ സ്വർഗീയ പിതാവാണ് എന്നുള്ള വലിയ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഓരോ വർഷങ്ങളും നാളുകളും കടന്നു പോകുമ്പോൾ ആ അതൊക്കെയും കാണിക്കുന്നത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാലമായി മാറി ഭൂതകാലമായി മാറി ഇനിയിപ്പോൾ ചില നാളുകളിലൂടെ കഴിഞ്ഞു കഴിയുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭൂതകാലത്തിലെ ഒരു സംഭവമായി മാറും നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഭാവി കാലം എന്ന് പറയുന്ന രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മുടെ മുമ്പിൽ ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ വർഷാവസാനത്തിലും അല്ലെങ്കിൽ ഒരു സംക്രമണത്തിൻ്റെ ഒരു ഒരു ചേഞ്ചിൻ്റെ രംഗങ്ങളിലുമൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഈ കാലത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല നമുക്കെന്തുണ്ട് നമ്മൾ ജനിച്ച് വന്ന് ഇതുവരെയുള്ള ഇന്നലെ വരെയുള്ള ജീവിതം നമ്മുടെ ഭൂതകാലമാണ് നാളെ മുതലുള്ള കാര്യം നമ്മുടെ ഭാവി കാലമാണ് എന്നാൽ ഇന്നോ ഇന്ന് എന്ന് പറയുന്നത് നമ്മുടെ വർത്തമാനകാലമാണ് ഇങ്ങനെ മൂന്ന് വ്യത്യസ്തമായ കാലങ്ങൾ അതിൽ വർത്തമാനകാലം വളരെ വേഗം ഭൂതകാലത്തിലേക്ക് മാറും ഭാവി വളരെ വേഗം വർത്തമാനകാലത്തിലേക്ക് കടന്നു വരും ഈ നമ്മൾ ചിലപ്പോഴേ ഈ ട്രെഡ്മില് എന്ന് പറഞ്ഞൊരു യന്ത്രം ചിലർ ചവിട്ടാനായിട്ട് പോകാറുണ്ടല്ലോ ഏഹ് ആർട്ടിൻ്റെ ഒരു പരിശോധനയുടെ ഭാഗമായിട്ടുള്ളതാണ് നമ്മളവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ആ തറ നമ്മുടെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരിക ഏഹ് മുമ്പിലുള്ളത് നമ്മുടെ കാൽക്കീഴിലാകും ഏഹ് നമ്മൾ അടുത്ത കാലു വെക്കുമ്പോഴത്തേക്ക് മുമ്പിലുള്ളത് നമ്മുടെ കാൽക്കീഴാകും എന്ന് പറഞ്ഞതുപോലെ വളരെ വേഗത്തിൽ കാലം ഇങ്ങനെ കടന്നു പോവുകയാണ് നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഭാവി എന്തായിരുന്നു പെട്ടെന്ന് നമ്മുടെ വർത്തമാനകാലമായി മാറുന്നു നമ്മുടെ കാൽക്കീഴിലുള്ള വർത്തമാനകാലം എന്ത് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഭൂതകാലമായി മാറുന്നു വളരെ വേഗത്തിൽ കാര്യങ്ങൾ അങ്ങനെ മാറി അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മാറി കാലഘട്ടത്തിൽ ഈ മൂന്ന് കാലഘട്ടത്തെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാതിരിക്കാൻ ചിന്തിക്കാതിരിക്കാനാവുകയില്ല അതിനെക്കുറിച്ചൊരു കണക്കെടുപ്പ് നടത്താതിരിക്കാനായിട്ടാവുകയില്ല ബിസിനസ്സുകാരൊക്കെ വർഷത്തിൻ്റെ ഒടുവിൽ ഒരു കണക്കെടുപ്പ് നടത്തുന്നത് പോലെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കാലമൊക്കെ എങ്ങനെയാണ് എന്താണ് ഞാൻ പറഞ്ഞു മൂന്ന് കാലമുണ്ടെന്ന് പറഞ്ഞു ഭൂതകാലമുണ്ട് വർത്തമാനകാലമുണ്ട് ഭാവി കാലമുണ്ട് അതുപക്ഷേ ഈ ലോകമനുഷ്യരെ സംബന്ധിച്ചാണ് മൂന്ന് കാലങ്ങളുള്ളത് നമ്മളെ സംബന്ധിച്ചോ കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മൂന്ന് കാലങ്ങളല്ല ഉള്ളത് നമുക്ക് നാല് കാലങ്ങളുണ്ട് അതെന്താണ് നമുക്ക് നമുക്കും ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും ഉണ്ട് എന്നാൽ അത് കൂടാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റ് ലോകമനുഷ്യർക്കില്ലാത്ത ഒരു കാലം കൂടെ നമുക്കുണ്ട് അത് നിത്യതയാണ് നിത്യതയാണ് ഇറ്റേണിറ്റി നിത്യകാലം അങ്ങനൊരു കാലം അതിനെക്കുറിച്ചുള്ള പ്രതീക്ഷ അതിനെക്കുറിച്ചുള്ള പ്രത്യാശ ഈ ലോക മനുഷ്യർക്കില്ല അവരെ സംബന്ധിച്ചെടുത്തിടത്തോളം അവരുടെ ജീവിതം മൂന്നായിട്ട് മുറിഞ്ഞുകിടക്കുക പൂതകാലം ഒന്നും വർത്തമാനകാലം ഒന്നും ഭാവി കാലമൊന്നും അതിനപ്പുറത്ത് അവർക്കൊരു പ്രതീക്ഷയില്ല നമ്മളെ സംബന്ധിച്ചോ നമ്മളെ സംബന്ധിച്ച് ഈ കാലങ്ങൾ മൂന്നല്ല നാല് കാലങ്ങളാണ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം വരെ ഉള്ളത് ഭൂതകാലവും ഇന്നുള്ളത് വർത്തമാനവും വരാൻ പോകുന്നത് ഭാവി നമ്മുടെ ഭരണശേഷം അല്ലെങ്കിൽ കർത്താവിനോടൊപ്പം എന്നുമായിരിക്കുന്ന ആ കാലം നിത്യത നിത്യത എന്ന് പറയുമ്പോൾ ഈ കാലമെന്നുള്ള ഒരു കോൺസെപ്റ്റ് അങ്ങ് മാറിപ്പോവുകയാണ് ടൈം ടൈം എന്നൊന്നില്ല സമയമെന്നൊന്നില്ല നിത്യതയാണ് ഇറ്റേണിറ്റിയാണ് ആ വല്ലപ്പോഴും വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ആലോചിക്കാൻ രസമുള്ള ഒരു കാര്യമാണ് എന്താണ് ഇറ്റേണിറ്റി എന്നുള്ളത് പോട്ടെ ആ നിത്യത മുഴുവൻ നമ്മൾ കർത്താവിനോടൊപ്പം പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിശാജ് ഈ കാലങ്ങൾ കാണിച്ച് നമ്മളെ നമ്മുടെ വിരുദിനെ തെറ്റിക്കാനായിട്ടൊരു സാധ്യതയുണ്ട് നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഭൂതകാലമായാലും വർത്തമാനകാലമായാലും ഭാവിയായാലും അതിനെക്കുറിച്ചൊരു വ്യക്തത ഉണ്ടാവണം നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എവിടെയാണ് നമ്മളുടെ ഹൃദയം വെക്കേണ്ടത് പിശാജ് പലപ്പോഴും ഈ വ്യത്യസ്തമായ നാല് കാലങ്ങളിൽ മൂന്ന് കാലങ്ങളെ നമ്മളെ കാണിച്ചിട്ട് അതിൽ തന്നെ ദൈവ രാജ്യവുമായിട്ട് ബന്ധപ്പെടാത്ത പല കാര്യങ്ങളിലും നമ്മുടെ ഹൃദയമായി പോകാൻ വേണ്ടി അവൻ ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും നമുക്കപ്പോൾ അതിനെക്കുറിച്ചൊരു വ്യക്തത ഉണ്ടാവണം പിശാജ് എപ്പോഴും നമ്മളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ട് കാലമേയുള്ളൂ എന്താ രണ്ട് കാലങ്ങളാണ് അവൻ എപ്പോഴും നമ്മളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ഭൂതകാലം രണ്ട് ഭാവി കാലം ഈ രണ്ട് കാലങ്ങളാണ് പിശാജ് നമ്മുടെ മുമ്പാകെ മിക്കവാറും കൊണ്ടുവന്ന് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇത് രണ്ടും കാണുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും ഭൂതകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുമ്പം അതിനെ തുടർന്ന് പലപ്പോഴും നമുക്ക് നിരാശയും നമുക്ക് പകയും കയ്പും പല കാര്യങ്ങൾ കടന്നു വരും കാരണം നാം ഒന്നും ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം കഴിഞ്ഞകാല ജീവിതം നമുക്ക് നയിക്കാനായിട്ട് കഴിഞ്ഞില്ല നാം പ്രതീക്ഷിച്ചതുപോലെ മറ്റുള്ളവർ നമ്മളോട് പെരുമാറിയില്ല അതുകൊണ്ട് നമ്മൾ വെറുതെ ഇരുന്ന് നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ആലോചിക്കുമ്പം പലപ്പോഴും അതിനോട് ചേർന്ന് നിരാശയും മറ്റുള്ളവരോടുള്ള കയ്പുമാണ് കൊണ്ടുവരാൻ പലപ്പോഴും അത് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ പിശാജ് എന്ത് ചെയ്യുന്നു പിശാജ് ഈ ഭൂതകാലത്തിൽ നമ്മൾ ജീവിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നു അതെങ്ങനെയാ ഇപ്പം നമുക്കെങ്ങനെയാ ഭൂതകാലത്ത് ജീവിക്കാൻ വെക്കുന്നത് ഒക്കും നമുക്കൊക്കെ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയവും ചിന്തകളും ഒക്കെയും കഴിഞ്ഞു നടന്ന ഒത്തിരി കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ വർത്തമാനകാലത്തിൽ ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ പക്ഷെ നമ്മൾ ജീവിക്കുന്നത് എവിടാ ഭൂതകാലത്തിലാണ് ജീവിക്കുന്നത് പിശാജു ആഗ്രഹിക്കുന്നത് നമ്മളെ നമ്മുടെ ഭൂതകാലത്തിൽ തളച്ചിടണം എന്നുള്ള ഒരു കാര്യമാണ് അവൻ ആഗ്രഹിക്കുന്നത് ഏ അതുപോലെ തന്നെ അവൻ കൊണ്ടുവരുന്ന രണ്ടാമത്തെ കാര്യം ഭാവി കാലമാണ് ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോഴോ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോഴെപ്പോഴും നമുക്ക് ഉത്കണ്ഠ വരാം എന്താ സംഭവിക്കാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ഏ വർഷങ്ങൾ കടന്നു പോകുന്നു ആരോഗ്യം ഈ നിലയിൽ നിൽക്കുമോ അസുഖങ്ങൾ വരുമോ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം എന്താകും എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എന്താകും ഏഹ് സഭയുടെ കാര്യം എന്താകും പല വിധത്തിലുള്ള ഉത്കണ്ഠകളും ആശങ്കകളുമാണ് ഭാവി കാലത്തിലായിരിക്കുന്നത് നോക്കുക ഭൂതകാലത്തിൽ ഒത്തിരി ഖേദങ്ങൾ ഒത്തിരി ദുഃഖങ്ങൾ ഒത്തിരി നിരാശകൾ ഭാവി കാലത്തോ ഒത്തിരി ഈ രണ്ട് കാര്യത്തിനിടയിൽ നമ്മുടെ ജീവിതത്തെ തളച്ചിട്ട് വർത്തമാനകാലത്തിൽ യഥാർത്ഥമായിട്ട് ജീവിക്കുന്നത് നമ്മളെ കൊണ്ട് മറന്നു പോകണം എന്നുള്ളതാണ് പിശാജ് ആഗ്രഹിക്കുന്നത് പിശാജ് വളരെ തന്ത്രശാലിയാണ് അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ എന്ന് നാം വായിക്കാറുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഈ സമയത്തെ സംബന്ധിച്ച് കാലത്തെ സംബന്ധിച്ചുള്ള പിശാജ് പയറ്റുന്ന തന്ത്രം നമ്മൾ മനസ്സിലാക്കണം സഹോദര സഹോദരി നീ പലപ്പോഴും വെറുതെ ഇരിക്കുമ്പോൾ നിന്റെ മനസ്സിലൂടെ എന്താ കടന്നു പത്തും അറുപതും വയസ്സായി ഏഹ് ഒത്തിരി കാര്യങ്ങളിലൂടെയെല്ലാം കടന്നു പോയി അറുപത് എഴുപത് വയസ്സാകുമ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താ നീ ആലോചിക്കുന്ന വെറുതെ ഇരിക്കുക ആ ബ്രതറേ എന്തോ ചെയ്യുന്നു ഓ ഞാൻ ചുമ്മാതിരിക്ക ബ്രതറെ ചുമ്മാതിരിക്കുക ചുമ്മാതങ്ങ് ഇരിക്കുകയെന്നോ ഒത്തിരി കാര്യം കടന്നു പോകുന്നുണ്ട് എന്നാലും അവൻ എന്നോടങ്ങനെ ചെയ്തല്ലോ ഏഹ് ഈ കാര്യം ഇങ്ങനെ ആകണമായിരുന്നല്ലോ ശോ അവിടെ ഒരു മണ്ടത്തരം പറ്റിപ്പോയി ഭൂതകാലത്തെയും ജീവിക്കുക സഹോദരൻ കണ്ണും തുറന്ന് വർത്തമാനകാലത്തിൽ കസേരയിൽ അദ്ദേഹം എവിടെയാണ് ജീവിക്കുന്നത് ഭൂതകാലത്തിൽ അജീവിക്കുന്നത് പാസ്റ്റിലാണ് അദ്ദേഹം കഴിയുന്നത് അവിടെ എന്താ സംഭവിക്കുന്നത് അവിടെ അങ്ങനെ ആ കാര്യങ്ങളും മനസ്സിലിട്ട് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിരാശയും നിരുത്സാഹവും ഖേദങ്ങളും വിഷമങ്ങളുമാണ് കിടക്കുന്നത് അതുപോലെ ചെറുപ്പക്കാരനായി ഒരാളെ നോക്കുക ആ കുഞ്ഞിനോട് ചോദിക്കുക മോനെ നീ എന്താ ചിന്തിച്ചിരിക്കുന്നത് അവന് പറയാനുള്ളത് ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യമാണ് എന്നാലും അത് പരീക്ഷ അതെനിക്ക് കിട്ടുമോ അത് പാസ്സാകുമോ ജോലിയുടെ കാര്യം എന്തായിത്തീരും അത് കിട്ടുമോ ഒരു വിവാഹ ജീവിതം അതെങ്ങനെയായിത്തീരും ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ഭാവിയെ നോക്കി അവനിങ്ങനെ ആശങ്കപ്പെടുക ചെയ്യുന്നത് എന്നാൽ പ്രിയപ്പെട്ടവർ ഈ രണ്ട് കാര്യത്തിലും നമ്മുടെ ഹൃദയത്തെ തളച്ചിടുമ്പോൾ നമ്മൾ നമ്മുടെ വർത്തമാന കാലത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ കഴിയാതെ പോകും അവിടാണ് അതിൻ്റെ അതിൽ പിശാചെ പലപ്പോഴും ജയിക്കുന്ന ഒരു കാര്യം നാം നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഖേദിക്കുകയും വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുകയും ചെയ്യുമ്പം നമുക്ക് യഥാർത്ഥത്തിൽ ഒത്തിരി ഭാരം ആവശ്യമില്ലാത്ത ഒത്തിരി ഭാരങ്ങൾ വരും ഖേദങ്ങളും ഉത്കണ്ഠകളും നമ്മുടെ ഭാരം കൂട്ടുകേ ഉള്ളു അല്ലാതെ നമ്മുടെ ഭാരം കുറയ്ക്കുകയില്ല പണ്ടൊരു ഞാൻ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല ഒരു ചെറുപ്പക്കാരൻ കുന്നു കയറിയ കഥ കേട്ടിട്ടുണ്ടോ ഒരു ചെറുപ്പക്കാരൻ കുന്നു കയറി വരികയാണ് അപ്പൊ ഒരു വൃദ്ധൻ മോളിൽ നിൽക്കുന്നുണ്ട് വൃദ്ധൻ ചോദിച്ചു മോനെ നീ ഈ കന്ന് കയറി വരുന്നല്ലോ നീ ഇത്ര ക്ഷീണിച്ച് അണച്ച് കഷ്ടപ്പെട്ടാണല്ലോ കയറി വരുന്നത് അതിനുള്ള കാരണം നിന്റെ പുറത്ത് കിടക്കുന്ന ഈ രണ്ട് ഭാരങ്ങളാ രണ്ട് ഫാണ്ഡങ്ങൾ നീ നിന്റെ പുറത്തിട്ടോണ്ടാണല്ലോ ഈ കുന്നു കയറുന്നത് നിനക്ക് ഈ ഫാണ്ഡങ്ങൾ എന്തിനാ ആ ഫാണ്ഡങ്ങൾ നിനക്ക് ഈസി ആയിട്ട് വേഗത്തിലേക്ക് കന്ന് ആ വൃദ്ധനായ ഓ വളരെ വർഷങ്ങളുടെ ആള് ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു അപ്പം ചെറുപ്പക്കാരൻ പറഞ്ഞു ഇല്ലില്ല ഇല്ല ഇത് രണ്ടും എനിക്ക് വളരെ അത്യാവശ്യമുള്ള രണ്ട് പാണ്ഡങ്ങൾ ആധാ ഞാൻ പുറത്ത് വച്ചേക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഈ വൃദ്ധൻ ചോദിച്ചു ആട്ടെ ഈ രണ്ട് പാണ്ഡങ്ങൾ എന്തൊക്കെയാണ് നിനക്ക് അത്യാവശ്യം ഉള്ളതാണോ ഇല്ലയോ നമുക്കൊന്ന് നോക്കാം ഈ ആദ്യത്തെ പാണ്ഡവെന്താ അവൻ പറഞ്ഞു ഇത് ആദ്യത്തെ പാണ്ഡവെന്ന് പറഞ്ഞത് എൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ ചിന്തകളും അതിനെക്കുറിച്ചുള്ള ഖേദങ്ങളും ഒരു പാണ്ഡത്തിലുള്ളത് അപ്പോൾ ആ പറഞ്ഞു ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പം നീ അതിനെക്കുറിച്ച് എത്ര ചിന്തിച്ചാലും അത് മാറ്റാൻ ഒക്കുകയല്ലേ അതുകൊണ്ട് എന്തിനാ ഈ ഈ ഭൂതകാലം എന്നൊരു ഫാണ്ഡം നിൻ്റെ പുറത്തിട്ടുകൊണ്ട് നടക്കുന്നത് അതുള്ളതുകൊണ്ടല്ലേ നിനക്ക് ഈ കയറ്റം കയറാൻ പ്രയാസമുള്ളത് ചെറുപ്പക്കാരൻ ചിന്തിച്ചു അത് ശരിയാണെന്നല്ലോ ശരിയാണ് എന്തിനാ ഞാൻ ആവശ്യമില്ലാതെ ഈ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ചിന്തിച്ചോണ്ടിരിക്കുന്നത് അത് ചിന്തിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ ഒരു മാറ്റം ഉണ്ടാകുകയില്ല അപ്പോൾ വൃദ്ധം പറഞ്ഞു എന്നാൽ നിനക്കത് കളയരുതോ ചെറുപ്പക്കാരൻ ആ ഫാണ്ഡൻ കളഞ്ഞു ആ അപ്പോൾ ചോദിച്ചു മറ്റേ ഫാണ്ഡമോ മറ്റേ പാണ്ഡവെനിക്ക് വളരെ അത്യാവശ്യം ഉള്ളതാ അത് കളയാൻ ഒക്കുകയില്ല എന്ന് ചെറുപ്പക്കാരൻ പറഞ്ഞു വൃദ്ധൻ ചോദിച്ചു ആട്ടെ ആ പാണ്ഡത്തിൽ എന്താ ഉള്ളത് അവൻ പറഞ്ഞു എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ് അതിലുള്ളത് ഞാനൊരു ചെറുപ്പക്കാരനല്ലേ ഭാവിയെക്കുറിച്ച് എനിക്ക് പ്രതീക്ഷകൾ വേണ്ടേ ആ പ്രതീക്ഷകളാണ് ഈ രണ്ടാം പാണ്ഡത്തിലുള്ളത് അത് കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ വൃദ്ധൻ വീണ്ടും ചോദിച്ചു ആട്ടെ മോനെ നീ ഭാവിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചാൽ നിനക്ക് ഭാവിയെ ഏതെങ്കിലും രീതി മാറ്റാനായിട്ട് ഒക്കെ നീ ചിന്തിച്ചാലും ഇല്ലെങ്കിലും നീ നിൻ്റെ ജീവിതത്തിൽ നീ മുന്നോട്ട് അതിനെ അഭിയോഗിച്ചേ പറ്റുകയുള്ളു നീ വെറുതെ അതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുകയും അത് അങ്ങനെ ആകുമോ ഇങ്ങനെ ആകുമോ എന്ന് ആശങ്കപ്പെടുകയും ചെയ്ത് അതെന്ത് അതുകൊണ്ട് ഈ നിന്റെ ഭാരം കൂടുകയല്ലേ ഉള്ളൂ നീ വിചാരപ്പെടുന്നത് നിന്റെ നീളത്തോട് ഒരു മുഴ കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കുമോ കർത്താവിൻ്റെ ഒരു വചനമാണ് വൃദ്ധൻ ഒരുപക്ഷെ അങ്ങനെ ചോദിച്ചപ്പം ഈ ചെറുപ്പക്കാരൻ രണ്ടാമത്തെ പാണ്ഡവും കളഞ്ഞ് ആ വളരെ വേഗത്തിൽ കയറ്റം കയറി എന്നാണ് കഥ ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരി സവന്മാരെ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഭൂതകാലത്തിൽ പലപ്പോഴും അങ്ങ് മുഴുകിപ്പോകുന്നുണ്ടെങ്കിൽ കുടഞ്ഞെഴുതേൽക്കുക പിശാദിൻ്റെ ഒരു തന്ത്രമാണത് ഫിലിപ്പിയർ കഴിഞ്ഞ ലേഖനത്തിൽ പൗലോസ പറയുന്നുണ്ടല്ലോ ഫിലിപ്പിയർ കഴിഞ്ഞ ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വചനത്തിൽ പൗലോസ പറയുന്നു ഒന്ന് ഞാൻ ചെയ്യുന്നു ഒന്ന് ഞാൻ ചെയ്യുന്നു ഒരു കാര്യം മതി എന്താ ചെയ്യുന്നത് ഞാൻ പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനായിട്ട് ആഞ്ഞും കൊണ്ട് അപ്പോൾ പിൻപിലുള്ളത് മറക്കണം പഴയ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചിന്തിച്ചിരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അതിനോട് വിട പറയണം പിൻപിലുള്ളത് മറക്കുക എന്നുള്ളൊരു കാര്യമാണ് നാം ഇന്നത്തെ ജീവിതത്തിൽ ജീവിക്കണമെങ്കിൽ അതിനാവശ്യമുള്ളത് പഴയ കാര്യങ്ങൾ ഒത്തിരി ആലോചിച്ചുകൊണ്ട് നടക്കുന്നതിനല്ല പിശാജ് അതുപോലെ തന്നെ നമ്മുടെ ഭൂതകാലം കാണിക്കും നമ്മുടെ ഭാവിയും കൊണ്ടുവന്ന് നമ്മുടെ മുമ്പാകെ വെക്കും ദൈവത്തിനായിട്ട് ഇന്ന് പ്രയോജനപ്പെടാൻ കഴിയാതെ വണ്ണം ഇന്ന് പ്രയോജനപ്പെടാൻ കഴിയാതെ വണ്ണം ഭാവിയെക്കുറിച്ചൊക്കെ ഒത്തിരി ചിന്തിച്ചിരുന്നുകൊണ്ട് എന്താ പ്രയോജനം പലപ്പോഴും പലപ്പോഴും പിശാജി കാലങ്ങൾ വെച്ച് നമ്മളെ കബളിപ്പിക്കും ഇന്ന് കർത്താവിനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് എപ്പോഴാണ് ഇന്ന് മാത്രമേ നമുക്കങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ ഇന്നിൽ നമ്മൾ ജീവിക്കണം എബ്രായർ കഴിയ ലേഖനത്തിൽ നമ്മൾ അങ്ങനെ ഒരു വാക്യം കാണുന്നുണ്ടല്ലോ എ പ്രായ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് ഏഹ് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും ഇന്ന് എന്ന് പറയുന്നിടത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഇന്നിൽ ജീവിക്കാനാണ് പ്രസന്റൻസിൽ ജീവിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാ എന്തുകൊണ്ടാണ് നമ്മളെ അങ്ങനെ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഇന്നിൽ നിന്നാലേ ഈ വർത്തമാനകാലത്ത് നിന്നാലേ നമുക്ക് എന്ത് ചെയ്യാനൊക്കെയുള്ളൂ നമുക്ക് നമ്മുടെ നിത്യതയ്ക്കു വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സംഭാവന ചെയ്യാനായിട്ട് ഈ വർത്തമാനകാലത്തിൽ ജീവിച്ചാൽ മാത്രമേ കഴിയുള്ളൂ സി ലൂയിസ് എന്ന് പറയുന്ന ദൈവഭക്തന്മാരുടെ ഇടയിലെ ഫിലോസഫറും ഫിലോസഫർമാർക്കിടയിലെ ദൈവഭക്തനുമായിരുന്നു സി ലൂയിസ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചിന്തയാണിത് അദ്ദേഹം പറയുന്നത് നമ്മൾ നമ്മൾ ഈ വർത്തമാനകാലത്തിൽ ജീവിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനൊക്കെ ഉള്ളൂ ഇന്നിൽ ജീവിച്ചാലേ നമുക്ക് നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി കരുതാനൊക്കെയുള്ളൂ ഇന്ന് നമ്മൾ ജീവിക്കുന്നു ഇന്ന് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു ഓ നമ്മുടെ നിത്യതയിലൊരു മുതൽക്കൂട്ടാണത് ഇന്ന് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി അനുദപിക്കുന്നു നമുക്ക് നിത്യതയിൽ ഒരു മുതൽക്കൂട്ടാണിത് ഇന്ന് നമ്മൾ കർത്താവിന് വേണ്ടി ഒരു തീരുമാനം കൈക്കൊള്ളുന്നു നിത്യതയ്ക്ക് വേണ്ടി ഒരു ഒരു ഈടുവയ്പ്പാണത് പ്രിയപ്പെട്ടവരെ ഇന്നിൽ നമ്മൾ ജീവിച്ചാലേ നമുക്ക് നിത്യതയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് കഴിയുള്ളൂ അങ്ങനെ നിത്യതയ്ക്ക് വേണ്ടി കൊടുക്കേണ്ട സമയത്തെ പിശാജെന്തോ ചെയ്യുന്നു ഒന്നുകിൽ നമ്മുടെ ഭൂതകാലത്തിൽ പിൻപിലുള്ള കാലത്തിൽ അല്ലെങ്കിൽ വരാൻ പോകുന്നതിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മുടെ വിരുത് തെറ്റിക്കുന്നു വിരുത് തെറ്റിക്കുന്നു ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാവണം അതുകൊണ്ട് സഹോദരി സവന്മാരെ നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് പല കാര്യങ്ങൾ കടന്നു വരുമ്പോൾ അതിലങ്ങ് മുഴുകിയിരിക്കാതെ ആ കഴിഞ്ഞത് കഴിഞ്ഞു പൗലോസ് പറഞ്ഞതുപോലെ ഫിലിപ്പിയർ മൂന്നിൻ്റെ പതിനാലിൽ നമ്മൾ വായിച്ചതുപോലെ ഞാൻ പിൻപിലുള്ളത് മറക്കുന്നു അത് ആലോചിച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് നീ ഒരു നേട്ടമില്ല പിൻപിലുള്ളത് മറക്കുന്നു ഞാനിപ്പോഴ ഇപ്പോൾ ദൈവം എനിക്ക് ആരോഗ്യം തന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ എനിക്ക് ബലമുണ്ടല്ലോ ഇന്ന് ഞാനൊരു മീറ്റിങ്ങിന് പോകും ഇന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കും ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും ഇപ്പോൾ ഞാൻ ഒരു സഹോദരനെ പോയി സന്ദർശിക്കും ഇപ്പോൾ ഒരാളെ ഫോൺ ചെയ്യും ഇപ്പോഴൊരു ഒരു ആത്മീയ കാര്യം ഞാൻ എഴുതും ആ അങ്ങനെ ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുകയും ഇന്നൽ ജീവിക്കുക അതിന് പകരം ഇന്ന് ചെയ്യാനൊക്കാതെ അതുപോലെ തന്നെ പിശാജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഭാവിയിൽ നമ്മൾ ഒരു കാര്യം ചെയ്യാനിരിക്കുന്നു എന്നിരിക്കട്ടെ ചില കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ സ്കൂള് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ മോനോട് ചോദിക്കും മോനെ നിനക്ക് ഗ്രഹപാഠം ഇല്ലേ നിനക്ക് ഹോംവർക്ക് നാളെ ചെയ്തുകൊണ്ട് പോകണ്ടേ ഉണ്ടോ ഹോംവർക്ക് ചെയ്യാനുണ്ട് എന്നാൽ ഇപ്പം അങ്ങ് ചെയ്യാം അപ്പം ഓൻ പറയാം ഇച്ചിരി കഴിയട്ടെ ഏ കഴിയട്ടെ അല്ലെ വൈകീട്ട് ഞാൻ ചെയ്യാം വൈകീട്ട് ആകുമ്പോഴോ വൈകീട്ട് ചെല്ലുമ്പോ മോനോട് പറയുമ്പോ അവൻ പറയും ഓ നാളെ ചെയ്യാം നാളെ പിറ്റെന്ന് ചെ ചോദിക്കുമ്പോഴോ ആ ഇതിപ്പോ ശനിയാഴ്ച ആയതേ ഇല്ലേ ഉള്ളൂ ഞായറാഴ്ച കൊണ്ട് തിങ്കളാഴ്ച ചെന്നാൽ മതിയല്ലോ നാളെ ചെയ്യാം അതിന്റെ അടുത്ത ദിവസം ഞായറാഴ്ച ചെയ്യാം നാളെ നാളെ നാളെ എന്ന് പറഞ്ഞ് നോക്കുക അവൻ അന്നേരം ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതെ ഭാവിയിൽ ചെയ്യാം ഭാവിയിൽ ചെയ്യാം നാളെ ചെയ്യാം ഒരു കൊല്ലം കഴിഞ്ഞ് ചെയ്യാമെന്നല്ല പറയുന്നു നാളെ ചെയ്യാം വളരെ അടുത്തായിട്ട് നമുക്ക് തോന്നും പക്ഷേ അത് പിശാചിന്റെ ഒരു തന്ത്രമാണ് സഹോദരൻ നിനക്കിപ്പോൾ ആരോഗ്യമുള്ളപ്പോൾ ഇപ്പോഴതിന് കഴിയുമ്പോൾ ഇപ്പോൾ ചെയ്യുക നാളെ നിനക്കുള്ളതാണോ എന്ന് അറിയുന്നില്ലല്ലോ യാക്കോവിന്റെ ലേഖനത്തിൽ നിന്ന് ഒരു സഹോദരി പ്രാർത്ഥിച്ചപ്പോൾ ഒരു വാക്യം വായിച്ചത് സോറി വാക്യം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ യാക്കോവിന്റെ ലേഖനം നാലാമധ്യായത്തിലാണ് ഏ നാളെയെക്കുറിച്ചുള്ള ഒരു വളരെ മനോഹരമായ ഒരു ചിന്ത ഉള്ളത് അതിൻ്റെ നാലാമധ്യായം പതിമൂന്നും പതിനാലും വാക്യങ്ങൾ ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പി ഏ നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത് അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ഇറ്റ് ഈസ് എ വേപ്പർ അതൊരു ആവിയാണ് ആവിയാണ് സഹോദരിമാരെ നിങ്ങൾ ചായ തിളപ്പിക്കുമ്പം അവിടുന്ന് ഒരു ആവി വരുന്നുണ്ടല്ലോ ഏഹ് എന്ന് പറഞ്ഞ പോലെ ആ ജീവിതം അതിനെ പിടിച്ചു നിർത്താൻ ഒക്കുകയില്ല അതൊരാവി ആണ് ഇറ്റ് ഈസ് എ വേപ്പർ ഇന്ന് കാണുന്നതും നാളെ മറഞ്ഞു പോകുന്നതും ജീവിതത്തെക്കുറിച്ച് പല നിർവചനങ്ങളുണ്ട് യാക്കോവിന്റെ നിർവചനമാണ് എനിക്ക് ഏറ്റവും ഏഹ് ലൈഫ് ഈസ് എ ടൈൽ ടോൾഡ് പയ്യാൻ ഇടിയേറ്റം എന്നൊക്കെ പറഞ്ഞ് ഷെയ്സ്പിയറിന്റെ ചില ജീവിതത്തെക്കുറിച്ചുള്ള ചില നിർവചനങ്ങളുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ വളരെ മനോഹരം യാക്കോവിന്റെ ഈ നിർവചനമാണ് എന്താണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് എ വേപ്പർ അതൊരാവി ആണ് ഇന്ന് കാണുന്നു നാളെ കാണുന്നില്ല പ്രിയപ്പെട്ടവരെ നാളെ നമ്മൾ ചെയ്യാം നാളെ നമ്മൾ അനുധവിക്കാം നാളെ ക്ഷമ ചോദിക്കാം നാളെ ഈ കാര്യത്തിൽ ഒരു ക്രമീകരണം വരുത്താം എന്ന് പറഞ്ഞിരുന്നാൽ അത് നടക്കുകയില്ല കാരണം നാളെ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ളതല്ലോ നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ നാളെ നമ്മൾ ജീവിച്ചിരിക്കുമെന്നുള്ളതിനുറപ്പെന്താണ് നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത് അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു ആവി അല്ലോ കർത്താവിന്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ അതിന്റെ പതിനഞ്ചിന്റെ തുടക്കം നമ്മൾ വായിക്കുന്നു കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ വർത്തമാനകാല ജീവിതത്തിൽ ജീവിക്കണം ഇന്ന് സഹോദര സഹോദരി നമുക്ക് ആ നിലയിൽ നമുക്ക് ഈ കാര്യങ്ങളെ കാണാം എനിക്കൊരു കാര്യത്തെക്കുറിച്ച് അനുദിക്കണം അതിപ്പോൾ ചെയ്യേ ഇപ്പം ചെയ്യുക നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കല്ലേ ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ നാളെ എന്ന് പറയുന്നത് ആ ലോട്ടറിക്കാറുടെ ഒരു വാക്ക നാളെ നാളെ നാളെ ആ നാളെ ഒരിക്കലും നമുക്ക് വരികയില്ല നമുക്ക് ഇന്നേ അനുദപിക്കാനൊക്കെ ഉള്ളൂ ഇന്നേ ഒരു കാര്യത്തിൽ ക്ഷമ ചോദിക്കാനൊക്കെയുള്ളൂ ഇന്നേ ഒരു കാര്യത്തിൽ ക്രമീകരണം വരുത്താനായിട്ടൊക്കെ ഉള്ളു പിശാജ് നമ്മളെ ഭൂതകാലത്തിൽ തളച്ചിടാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഭാവിയിലും തളച്ചിടാനായിട്ട് ആഗ്രഹിക്കും നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഒരു നല്ല കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നിരിക്കട്ടെ ഉടനെ പിശാജ് പറയാം അത് നാളെ മതിയെന്ന് പറയും ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഞാന് പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം ഫറവോൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ആ അതായത് ഫറോന്റെ അടുത്ത് മോശം വന്നിട്ട് ഇസ്രായേൽ മക്കളെ വിടുവയ്ക്കാൻ വേണ്ടി പല ബാധകള് തന്റെ അടുത്ത് കൊണ്ടുവന്നല്ലോ അതിലെ ഒന്നാമത്തെ ബാധ എന്താ കുഞ്ഞുങ്ങൾക്കറിയാം എന്താ ഒന്നാമത്തെ ബാധ ഉം വെള്ളം രക്തമായി ഓ രണ്ടാമത്തെ ബാധയോ രണ്ടാമത്തെ ബാധ തവളയാണ് പുറപ്പാട് പുസ്തകം എട്ടാമധ്യായെന്ന് നോക്കുക പുറപ്പാട് പുസ്തകം എട്ടാമധ്യയായി യഹോവ നദിയെ അടിച്ചിട്ട് ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ മോശയോട് കൽപ്പിച്ചത് അപ്പോൾ ആദ്യത്തെ ബാധ കഴിഞ്ഞു ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ബാധ ദൈവം കൊണ്ടുവരിക അപ്പോ എന്താ ചെയ്തത് നീ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഈ രാജ്യത്തൊക്കെയും തവളയെ കൊണ്ട് ബാധിക്കും മോശം അത് ആ തവള വന്നിട്ട് എന്ത് ചെയ്തു നദിയിൽ നിന്ന് നൈൽ നദിയാണല്ലോ ഈജിപ്തിലൂടെ ഒഴുകുന്ന ആ നൈൽ നദി ഏറ്റവും നീളം കൂടിയ നദികളിൽ ഒന്ന് ആ നൈൽ നദിയിൽ നിന്ന് തവളകള് പെരുകി പെറ്റുപെരുകി ധാരാളമായിട്ട് കയറി അത് കയറി ഫറോൻ്റെ അരമനയിൽ അവൻ്റെ അരമനയിൽ അവൻ്റെ ബെഡ്റൂമിൽ അവൻ്റെ കിടക്ക മുറിയിൽ അവൻ്റെ കിടക്കയിൽ അവൻ കിടക്കുമ്പോൾ ഒരു തവളയുടെ പുറത്താണ് കിടക്കുന്നത് തവളകൾ എടുത്ത് ചാടുന്നു കട്ടിലിന്മേൽ ആ കട്ടിൽ നിന്റെ ഭൃത്യന്മാരുടെ വീടുകളിൽ നോക്കുക നിങ്ങൾ ആ കാര്യം ഒന്ന് സങ്കല്പിച്ച് നോക്കുക നമ്മുടെ നമുക്കങ്ങനെ ഒരു ബാധയുണ്ടായാൽ ഏഹ് വീടുകളിൽ നിന്റെ ജനത്തിന്മേലും ഒരാൾ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഷട്ടിന്റെ കോളറിൽ നിന്ന് ഒരു തവള എടുത്ത് ചാടുക അദ്ദേഹത്തിന്റെ തലമേൽ നിന്ന് അപ്പം ചൂടുന്ന അടുപ്പുകളിലും സഹോരിമാരെ അപ്പം കുഴക്കാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ നിന്ന് ചാടുന്നത് തവളയാണ് അങ്ങനെ തൊട്ടികളിലും വരും തവള നിന്റെ മേലും നിന്റെ ജനത്തിന്മേലും നിന്റെ സകല ഭൃത്യന്മാരുടെ മേലും കയറും നോക്കുക അങ്ങനെ ഒരു ബാധയാണ് അവന്റെ ജീവിതത്തിൽ പറവന്റെ ജീവിതത്തിൽ എന്ന് തന്നെയല്ല നോക്കുക ഈ ഏഴാമത്തെ വാക്യം വായിക്കുമ്പോ അവിടുത്തെ ഈജിപ്തിലെ മന്ത്രവാദികളും എന്തു ചെയ്തു മന്ത്രവാദികളും ഞങ്ങൾ അത്ര മോശക്കാരൊന്നുമല്ല മോശയ്ക്ക് മാത്രമല്ല ഈ തവള ഉണ്ടാക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞ് അവിടുത്തെ മന്ത്രവാദികൾ എന്തു ചെയ്തു മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു എന്ന് പറഞ്ഞാൽ അവരും കൂടുതൽ തവള ഉണ്ടാക്കി ഏ മോശ തന്നെ ഉണ്ടാക്കിയ തവള കൊണ്ട് അവിടെ നിന്ന് തിരിയാനിടയുമില്ല മന്ത്രവാദികൾ ഞങ്ങൾ അത്ര മോശക്കാരല്ലെന്ന് കാണിക്കാൻ വേണ്ടി ഓരോ മന്ത്രവാദിയും ചെന്ന് ഓരോ പ്രയോഗം നടത്തി തവളകളൊപ്പം ഏ നോക്കുക സ്ഥിതി പഴയതിനേക്കാൾ വഷളായി തീർന്നിരിക്കും എന്നാൽ ഇതാ മോശം ചെന്നിട്ട് അതിന്റെ ഒൻപതാമത്തെ വാക്യത്തിലേക്ക് നോക്കുക മോശ പർവനോട് തവള നിന്നെയും നിന്റെ ഗ്രഹങ്ങളെയും വിട്ടുനീങ്ങി നദിയിൽ മാത്രം ഇരിക്കേണ്ടതിന് ഞാൻ നിനക്കും നിന്റെ പ്രത്യന്മാർക്കും നിന്റെ ജനത്തിനും വേണ്ടി എപ്പോൾ പ്രാർത്ഥിക്കണം എന്നെനിക്ക് സമയം നിശ്ചയിച്ചാലും എന്ന് പറഞ്ഞു പത്താം വാക്യത്തിൽ ഫറവൻ പറയുകയാണ് നാളെ എന്നവൻ പറഞ്ഞു നമ്മളാണെങ്കിൽ എന്താ പറയുക ഒരു വലിയ ബാധ നമ്മളെ ഇങ്ങനെ തുടരുക പ്രാർത്ഥിക്കേണ്ട മോശം നമ്മുടെ അടുത്ത് നിപ്പോ മോശം പറയുന്നു എപ്പോൾ ഞാൻ പ്രാർത്ഥിക്കണോ ഇപ്പൊ പ്രാർത്ഥിക്കണോ അപ്പോൾ ഫറവൻ പറയുക വേണ്ട വേണ്ട നാളെ മതി നാളെ മതി നാളെ മതി പ്രിയപ്പെട്ടവരേ ഫറോന്റെ ഒരു തന്ത്രമായത് അവന്റെ പ്രിയപ്പെട്ട വാക്കെന്താ നാളെ നിന്നെ ഒരു ബാധ വിട്ടു പോകുന്ന ഒരു കാര്യം വരുമ്പോൾ പിശാജ് നിന്നോട് പറയും സഹോരി അത് വേണ്ട നാളെയാട്ടെ നാളെയാട്ടെ നോക്കാ കാര്യം പലരോടുള്ള കയ്പും പലരോടുള്ള പകയും ഒക്കെയും ഒരു ബാധ പോലെ നിന്നെ വരികയാണ് അപ്പോ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് ദൈവവചനത്തിലൂടെ നിന്നോട് പറയുന്നു സഹോരി നീ പോയി അത് ക്ഷമ ചോദിക്കുക അത് ആ കാര്യത്തിൽ ഒരു അതിൽ നിന്നൊരു വിടുതല് പ്രാപിക്കാജ് പറയും ഫറോൻ പറഞ്ഞതുപോലെ പറയും ാട്ടെ നാളെയാട്ടെ സഹോദര സഹോദരി നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നമുക്കൊരു വ്യക്തത ഉണ്ടാവണം ഞാൻ വളരെ വേഗത്തിൽ ചില കാര്യങ്ങളിലൂടെ പറഞ്ഞു പോകട്ടെ ഭാവിയെ സംബന്ധിച്ച് നാളെ എന്ന പിശാജ് കാണിക്കുമ്പോൾ അത് പലപ്പോഴും അവൻ്റെ ഒരു തന്ത്രമാണ് ഇന്ന് നമുക്ക് ചെയ്യാൻ ഒക്കുന്നത് ഇപ്പോൾ ചെയ്യുക നമുക്ക് ഭാവിയിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് അറിയില്ലല്ലോ നമ്മുടെ ജീവൻ ഒരു ആവി മാത്രമാണല്ലോ നമുക്ക് നമ്മുടെ ഭാവിയോർത്ത് ആശങ്കപ്പെടാതെ ഭാവിയോർത്ത് പുഞ്ചിരി തൂക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കണം കഴിഞ്ഞൊരു ദിവസം നമ്മൾ എൺപത്തഞ്ചാം സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുകയുണ്ടായി അത് ഇങ്ങനെയാണ് ആ വാക്യം നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു എന്നാണ് ആ വാക്യം നമുക്ക് നമ്മുടെ ഭാവി കാലത്ത് സമാധാനം വേണമെന്നാണ് നമ്മുടെ ആഗ്രഹം സൗഹരനോട് ചോദിക്കും എന്താ സഹോര ആഗ്രഹം ഓ രണ്ടായിരത്തി പതിമൂന്ന് വളരെ സമാധാനത്തിന്റെ ഒരു വർഷമായിരുന്നെങ്കിൽ ആ എന്റെ കുഞ്ഞുങ്ങളുടെയൊക്കെ കാര്യത്തിൽ എല്ലാം സമാധാനം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ കുടുംബജീവിതത്തിലും സഭാ ജീവിതത്തിലും സമാധാനം സമാധാനം സമാധാനത്തിന്റെ വർഷം നമ്മൾ ആഗ്രഹിക്കും പക്ഷേ സമാധാനം നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സമാധാനം ഒറ്റയ്ക്ക് നിൽക്കുകയില്ല സമാധാനം നീതിയോട് ചേർന്ന് ചുംബിച്ചേ നിക്കൂടും നീതി സമാധാനവും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട് നീതി സമാധാനം വേണോ അതിന്റെ പിന്നിൽ നീ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്ത് നീതി ചെയ്യണം നീ ഒരാൾക്കൊരു കാര്യം കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു തീർക്കണം ഒരാളോട് ക്ഷമ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അത് ക്ഷമ ചോദിക്കണം അങ്ങനെ നീതി ചെയ്താൽ റൈച്സ്നെസ് ഉണ്ടായാൽ മാത്രമേ പീസ് അതിന്റെ ഭാഗമായിട്ടുണ്ടാവുകയുള്ളൂ നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു ചുംബിച്ചിരിക്കുന്നു അവ തമ്മിൽ ഒരു ഗാഠമായ ബന്ധമാണ് അവയെ തമ്മിൽ വേർവിരിക്കാൻ ഒക്കുകയല്ല സഹോദര നാളെ ഭാവിയിൽ നിനക്ക് സമാധാനം വേണോ ഇന്ന് നീ എന്തു ചെയ്യണം ഇന്ന് എഴുതേണ്ട ആ എഴുത്ത് ഇപ്പൊ എഴുത് ഇന്ന് പറയേണ്ട കാര്യം ഇപ്പൊ പറ ഇപ്പൊ ക്രമീകരിക്കേണ്ട കാര്യം ഇപ്പൊ ക്രമീകരിക്കേ ഇപ്പോ അനുദപിക്കേണ്ട കാര്യത്തിൽ അനുദപിക്ക് അല്ലാതെ ആ ഒരു നീതി ചെയ്യാതെ ഭാവി സമാധാനത്തിന്റെ വർഷമായിത്തീരും എന്ന് പ്രതീക്ഷിച്ചിരുന്നാൽ പ്രതീക്ഷ ചില പലപ്പോഴും പോവണിയേയില്ല എന്ന് പറയുവാൻ സതയം എന്നെ അനുവദിക്കുക അതുപോലെ തന്നെ ഭൂതകാലത്തെ സംബന്ധിച്ചിടത്തോളം പിശാച കൊണ്ടുവരുന്ന കാര്യം എന്താ ഇന്ന് അനുദപിക്കേണ്ട ഒരു കാര്യം വരുമ്പം നമ്മളെ പലപ്പോഴും നമ്മുടെ ഭൂതകാലത്തിലെ വിശ്വസ്തത കാണിക്കും ഭൂതകാലത്തിൽ ഞാൻ വളരെ വിശ്വസ്തനായിരുന്നു അതുകൊണ്ട് എന്താ അതുകൊണ്ട് ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം ഏ ഇന്ന് അനുദപിക്കേണ്ട ഒരു കാര്യത്തിന് ഭൂതകാലത്തിലെ നമ്മുടെ വിശ്വസ്തത പകരം നിൽക്കുകയില്ല ഞാൻ പറഞ്ഞത് വ്യക്തമായോ പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിനെ സേവിക്കുന്നു നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ കർത്താവിനെ സേവിക്കുന്നു കർത്താവിന് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തു സഹോദരന്മാർക്ക് വേണ്ടി എന്തെല്ലാം കഷ്ടപ്പെട്ടു ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു മറ്റേത് ചെയ്തു വളരെ കഷ്ടപ്പെട്ടു എല്ലാം ചെയ്തു ഇത് നമ്മുടെ ഭൂതകാലത്തിലെ വിശ്വസ്തതയാണ് ഭൂതകാലത്തിലെ നമ്മുടെ ലോയൽറ്റിയാണ് പക്ഷേ ഈ ഭൂതകാലത്തിലെ വിശ്വസ്തത ഇന്ന് നമ്മൾ അനുദപിക്കേണ്ട ഒരു കാര്യത്തിന് പകരമായിട്ട് ദൈവം കാണുകയില്ല നമ്മുടെ ജീവിതം എങ്ങനെയാ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇന്ന് ഇന്ന് നമ്മുടെ ജീവൻ ഓ ഒരു കർത്താവ് ഒരു ഒരു ഉപമയിലെ പറയുന്നുണ്ടല്ലോ ആ ധനുമാനോട് പറഞ്ഞു ഇന്ന് ഞാൻ നിന്റെ ജീവനെ ചോദിച്ചാൽ നോക്കുക ഇന്ന് അവന്റെ ജീവൻ അവസാനിച്ചാൽ ഇന്ന് നമ്മുടെ ജീവിതം അവസാനിച്ചാൽ നമ്മൾ എങ്ങനെയാ ചെന്ന് ദൈവസന്നിധി നിൽക്കുന്നത് നിത്യതയിൽ ചെന്ന് നിൽക്കുന്നത് നിത്യതയിൽ ചെന്ന് നിൽക്കുന്നത് നമ്മുടെ ഇന്നത്തെ ജീവിതവുമായിട്ട് ഇന്നത്തെ ജീവിതവുമായിട്ടാണ് നിൽക്കുന്നത് ഇന്ന് നമ്മൾ പിന്മാറ്റക്കാരനാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ കാലത്തിൽ മുപ്പത്തഞ്ച് വർഷം നമ്മൾ കർത്താവിനെ വിശ്വസ്തമായിട്ട് സേവിച്ചു എന്ന് പറയുന്ന നമ്മുടെ ആ ലോയൽറ്റി ഉണ്ടല്ലോ നമ്മുടെ ഈ പിന്മാറ്റത്തിന് പകരമായിട്ട് ദൈവം അത് കണക്കിടുകയില്ല ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ എന്നാണ് ചോദ്യം ബലപ്പെട്ടിരിക്കുമോ ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നാം ഈ നിത്യതയും വർത്തമാനകാലവും തമ്മിൽ വലിയ ബന്ധമുണ്ട് നിത്യതയിൽ നമ്മൾ കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ പ പത്തോ ഇരുപതോ കൊല്ലം വളരെ വിശ്വസ്തമായിട്ട് സേവിച്ചു അതിനുശേഷം നമ്മൾ ഹൃദയത്തിൽ ഒരു പിന്മാറ്റമുണ്ടായി നമ്മൾ പല കാര്യങ്ങളിൽ ഏർപ്പെട്ടു നമ്മൾ പിന്മാറ്റക്കാരനായിട്ട് ഇരിക്കെ പിന്മാറ്റക്കാരനായിട്ട് ജീവിക്കെ പെട്ടെന്ന് ഒരു ആക്സിഡന്റിൽ നമ്മൾ മരിച്ചുപോയി എന്നിരിക്കട്ടെ ഏഹ് ആക്സിഡന്റിൽ മരിച്ചു പോകുക ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടോ ഞാന് ആളുകളെ പലപ്പോഴും ഇങ്ങനെയൊക്കെ അവരൊന്ന് പറഞ്ഞ് ഞെട്ടിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് മരണമെന്നുള്ള ഒരു യാഥാർത്ഥ്യം അപ്പൊ പിന്നെ അതുകൊണ്ട് ബ്രദറെ ഒരു നല്ല ദിവസമായിട്ടും മരിക്കുക എന്നൊക്കെയാണോ ഉള്ള കാര്യം പറയുന്നേ എന്നാ പ്രിയപ്പെട്ടവര് ഒരാക്സിഡൻറ്റിൽ നമ്മൾ നാളെ മരിച്ചുപോയി പക്ഷെ നമ്മൾ മരിച്ചത് മുപ്പത് വർഷം നമ്മൾ കർത്താവിന് വേണ്ടി വിശ്വസ്തമായിട്ട് നിന്നു അഞ്ചു വർഷം ഒടുവിലത്തെ അഞ്ചു വർഷം നമ്മൾ പിന്മാറ്റക്കാരനായിരുന്നു ആ പിന്മാറ്റത്തിന്റെ അവസ്ഥയിലാണ് നമ്മൾ മരിച്ചു പോയത് നാം എങ്ങനെയാണ് നിത്യതയിൽ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ചെന്ന് നിൽക്കുന്നത് ദൈവം കാര്യങ്ങളെ കണക്കിടുമ്പോൾ നമ്മോട് കാര്യം തീർക്കുമ്പോൾ നമ്മൾ എത്തിച്ചേർന്ന ആ പ്രസന്റ് ആ വർത്തമാനകാലം വച്ചിട്ടാണ് ദൈവം നമ്മളെ വിധിക്കുന്നത് അല്ലേ നീ ഇപ്പോൾ എന്നോട് കാര്യങ്ങൾ ക്രമീകരിച്ചില്ലല്ലോ നീ ഇപ്പോൾ ആ കാര്യത്തിൽ അനുദവിച്ചില്ലല്ലോ നോക്കുക നിത്യതയെന്ന് പറയുന്നത് വർത്തമാനകാലവുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ കഴിഞ്ഞ മുപ്പത് വർഷം വിശ്വസ്തമായിട്ട് ജീവിച്ചു എന്നുള്ള ആ വിശ്വസ്തയ്ക്ക് ആ വിശ്വസ്തത നമ്മളെ ഇവിടെ തുണയ്ക്കുകയില്ല ഇന്ന് അനുഭവിക്കേണ്ടതിന് പകരം ഞാൻ കഴിഞ്ഞ ഒത്തിരി വർഷങ്ങൾ നന്നായിട്ട് ജീവിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാവുകയില്ല ഞാന് കഴിഞ്ഞൊരു ദിവസം ഒരു സഹോദരന് ഒരു കാര്യം പറയായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ ഇത്രയും നാൾ നല്ലതുപോലൊക്കെ ജീവിച്ചു അത് നിങ്ങൾക്ക് കണക്കിലെടുത്ത് ഇപ്പം വന്ന ഈ കാര്യം ഏ അങ്ങനെയല്ല ദൈവം അങ്ങനെയല്ല കാര്യങ്ങളെ കാണുന്നത് ഇന്ന് നീ അനുദിക്ക ഇന്ന് നീ ക്രമീകരിക്കേ ഇന്ന് ജീവിക്കേ അതിനു പകരം നീ കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ലോയൽറ്റിയെ ഇന്നത്തെ റിപ്പൻഡൻസിന് പകരം കൊണ്ടുവന്ന് വെക്കല്ലേ അത് ദൈവം കണക്കിടുകയില്ല ദൈവം കണക്കിടുകയില്ല സഹോദര കബളിപ്പിക്കപ്പെട്ട് പോകരുത് സഹോദരി കബളിപ്പിക്കപ്പെട്ട് പോകരുത് നമുക്ക് നമ്മളിൽ തന്നെ നോക്കുമ്പോൾ പലപ്പോഴും ഞാൻ ചെയ്ത ചില നൽ നല്ല കാര്യങ്ങളുണ്ട് അതൊക്കെ അവിടെ ചെല്ലുമ്പം തമ്പുരാൻ അത് കണക്കാക്കിക്കോളും അങ്ങനെ ഒരു ചിന്തയുണ്ടല്ലോ ഞാൻ എന്നാലും എത്രയോ പേരെ സഹായിച്ചു എത്രയോ പേരെയൊക്കെ പല കാര്യങ്ങൾ ചെയ്തല്ലോ അതൊക്കെ ദൈവം കണക്കിടാതെ പോകുമോ ഞാൻ ഇപ്പൊ പിന്മാറ്റക്കാരനായാലും ഞാനിപ്പം ചില കാര്യം ക്രമീകരണം വരുത്തിയില്ലെങ്കിലും ഇപ്പം അനുദവിച്ചില്ലെങ്കിലും എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ ആ പശ്ചാത്തലത്തിൽ എനിക്ക് ഇന്ന് ദൈവമുമ്പാകെ ഒരു വിടുതല് കിട്ടുമല്ലോ അങ്ങനെ ഒരു ചിന്തയുണ്ട് പക്ഷെ അതൊരു പഴയ നിയമ ചിന്തയാണ് പഴയ നിയമ ചിന്തയാണ് പഴയ നിയമത്തിൽ നമ്മളിങ്ങനെ കാണാറുണ്ട് സങ്കീർത്തനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പല ദൈവഭക്തന്മാരും പറയാറുണ്ട് പറയുന്നത് എന്താ ദൈവമെൻ്റെ കഴിഞ്ഞ കാലത്ത് എൻ്റെ വിശ്വസത നോക്കി എന്നെ എന്തു ചെയ്യണം എനിക്ക് എന്നെ എന്നെ നീ എനിക്ക് നന്മ ചെയ്യണേ എന്നൊക്കെ നമ്മൾ സങ്കീർത്തനങ്ങൾ കാണാറുണ്ട് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ആ കാര്യം ആവർത്തിച്ചു വരുന്നുണ്ട് നെഹമ്യാവ് വളരെ നല്ലൊരു ദൈവഭൃത്യനായിരുന്നെങ്കിലും അദ്ദേഹം എന്താണ് പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് നെഹമ്യാവ് അതുകൊണ്ട് നെഹമ്യാവിന്റെ ആ കൊച്ചു പുസ്തകം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ നെഹ്മ്യാവ് വന്ന് ഇരിസ്ലേമിന്റെ മതില് പണിഞ്ഞ അതിന് നേതൃത്വം കൊടുത്ത വളരെ ശക്തനായ ഒരാളായിരുന്നു പക്ഷേ അദ്ദേഹം വളരെ ശക്തനായ ഒരാളായിരുന്നെങ്കിലും അദ്ദേഹം പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നുകൊണ്ട് അവിടുത്തെ ഒരു രീതിയാണ് ഞാൻ ഈ ചെയ്ത നന്മകളൊക്കെ എനിക്ക് നന്മയ്ക്കായിട്ട് ഭാവിയിൽ ഓർക്കണേ കർത്താവേ എന്ന് പറയുന്ന ഒരു കാര്യം നെഹമ്യാവിന്റെ പുസ്തകം അഞ്ചാം അധ്യായം അതിന്റെ പത്തൊൻപതാമത്തെ വാക്യം നോക്കുക നെഹമ്യാവ് പല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു താന് അവിടെ മതില് പണിക്ക് വേണ്ടി ആളുകളെ ഉത്സാഹിപ്പിച്ചു അവരെ കൊണ്ട് പല കാര്യങ്ങൾ ചെയ്തു താൻ തൻ്റെ തന്റെ തന്നെ പണം ചെലവഴിച്ച് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തതിനെ കുറിച്ചൊക്കെയാണ് ആ അഞ്ചാം അധ്യായത്തിന്റെ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ താൻ കാണിച്ച ആ വിശ്വസ്തയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പത്തൊൻപതാം വാക്യത്തിൽ നെഹമ്യാ വഞ്ചിൻ്റെ പത്തൊമ്പതിൽ ഇതാ നെഹമ്യാവ് പറയുകയാണ് എൻ്റെ ദൈവമേ ഞാൻ ഈ ജനത്തിനു വേണ്ടി ചെയ്തതൊക്കെയും എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ അതൊരു പഴയ നിയമ ചിന്തയാണ് പഴയ നിയമഭക്തനായ നെഹമ്യാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല ഈ പുസ്തകത്തിൽ ആവർത്തിച്ച് പലയിടത്തും അങ്ങനെ വരുന്നെന്ന് നമുക്ക് കാണാനായിട്ടാ കഴിയും അതിൻ്റെ പതിമൂന്നാമത്തെ അധ്യായം നോക്കുക പതിമൂന്നാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ എന്റെ ദൈവമേ ഇതും ഞാൻ ഈ ചെയ്തതും എനിക്കായിട്ട് ഓർത്ത് നിന്റെ മഹാദയപ്രകാരം എന്നോട് കനിവ് തോന്നണമേ സങ്കീർത്തനങ്ങളിലേതായ മനോഭാവം നോക്കി കാണാൻ കഴിയും കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തല്ലോ അതിന്റെ കെയർ ഓഫിൽ അതിന്റെ ഇന്നത്തെ എന്റെ അവിശ്വസ്തത ക്ഷമിക്കണേ ഇന്നത്തെ എന്റെ പോരായ്മ വിട്ട് കളയണമേ നമ്മളെയും ഈ പഴയ നിയമ ചിന്ത ഭരിക്കാനായിട്ട് കഴിയും നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ഭൂതകാലത്തിലെ വിശ്വസ്തത നോക്കിയിട്ട് ഇന്ന് അനുദപിക്കേണ്ടതിന് പകരം ആ ഭൂതകാലത്തിലെ വിശ്വസ്തത കൊണ്ടുവന്ന് ദൈവസന്നിധി വെച്ചിട്ട് പറയുക കർത്താവെ എന്റെ കഴിഞ്ഞ കാലത്തെ വിശ്വസ്തത നോക്കിയിട്ട് എന്നെ ഇപ്പം നീ വെറുതെ വിടണേ പക്ഷേ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ അങ്ങനെ ഒരു വെറുതെ വിടലില്ല നാം എവിടെ വെച്ച് എവിടെ വെച്ച് നമ്മുടെ ജീവിതം അവസാനിക്കുമോ അവിടെ വെച്ച് കാര്യങ്ങൾ ഫ്രീസ് ചെയ്തു നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജീവിതവുമായിട്ടാണ് നമ്മൾ ദൈവസന്നിധി ചെന്ന് നിൽക്കുന്നത് അതുകൊണ്ടാണ് ചിലർ പറയുന്നത് ജീവിക്കുകയാണ് ക്രൂശിലെ കള്ളനെ പോലെ ജീവിക്കണം എന്ന് ചിലർ പറയും എന്താ എന്തൊരു എന്തൊരു മിടുക്കനായിരുന്നു പുള്ളി എന്താ ഏഹ് ക്രൂശിലെ കള്ളനെ അതുവരെ അവന്റെ കഴിഞ്ഞകാല ജീവിതത്തെ മുഴുവൻ അവിശ്വസതകളേ ഉള്ളൂ ദൈവത്തിൻ്റെ മുമ്പാകെ പക്ഷേ അവൻ മരിക്കാൻ നേരത്ത് അവൻ എന്തുണ്ടായി മരിക്കാൻ നേരത്ത് അവനൊരു അനുതാപത്തോടാ മരിക്കുന്നത് ഒരു വിശ്വാസത്തോടാ മരിക്കുന്നത് അപ്പൊ അവൻ ദൈവസനത്തിൽ ചെന്ന് നിൽക്കുന്നത് ആ ആ വിശ്വാസത്തോടും ആ അനുതാപത്തോടും അപ്പൊ അവനെ ആ നിലയിൽ കാണുമ്പോൾ ദൈവം അവന് പ്രതീസയിൽ പ്രതീസയിലേക്ക് സീറ്റ് കൊടുക്കുക ചെയ്തു നമ്മുടെ വളരെ സ്ഥിതിയോ നമുക്ക് പറയാനുള്ള ഭൂതകാലത്തിൽ പതിനഞ്ചു കൊല്ലത്തെ വിശ്വസ്തതയുണ്ട് ഇപ്പൊ പിന്മാറ്റക്കാരനാ കർത്താവെ ഇപ്പോഴത്തെ പിന്മാറ്റം നീ പഴയ കാലത്തിന്റെ കെയർ ഓഫിൽ ക്ഷമിച്ചു തരണേ എന്ന് പറഞ്ഞാൽ അത് നടക്കുകയില്ല സഹോദര ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് സഹോദരി ഞാൻ എന്നെ തന്നെ ഓർപ്പിച്ചുണർത്തുന്നത് ഇന്ന് ജീവിക്കുക ഇന്നത്തെ അനുതാപത്തിന് പകരമാവുകയില്ല കഴിഞ്ഞ കാലത്തിലെ ഒരു വിശ്വസ്തത എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം നമുക്ക് നമ്മൾ പറഞ്ഞു വന്നത് വർത്തമാനകാലത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാലം നിത്യത എന്നുള്ളതാണല്ലോ നമുക്ക് നിത്യതയെക്കുറിച്ചും വളരെ ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് വാക്കുകളെ അവസാനിപ്പിക്കാം ഞാൻ പറഞ്ഞു വന്നത് പിശാജി നമ്മളെ രണ്ട് കാലങ്ങൾ കാണിക്കും ഭൂതകാലവും ഭാവി കാലവും കാണിക്കും എന്നാൽ നമ്മൾ ഏത് കാലത്തെയും നിൽക്കണം വർത്തമാനകാലത്തിൽ നിൽക്കണം നിത്യതയുടെ നിത്യതയുടെ വെളിച്ചത്തിലും നമ്മൾ നിൽക്കണം നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം നിത്യത ഇറ്റേണിറ്റി ലിവിങ് ഇൻ ദ ലൈറ്റ് ഓഫ് ഇറ്റേണിറ്റി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് ഏ നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിച്ച് നിത്യതയിൽ എന്ത് വിലപ്പോവുകയില്ല നിത്യതയിൽ നമ്മുടെ ബന്ധങ്ങൾ വിലപ്പോവുകയില്ല എന്നുവെച്ചാൽ ഞാനൊരു നല്ല ഒരു ദൈവദാസിയുടെ ഭർത്താവായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് നിന്നാൽ ദൈവവും ഭാഗം നിത്യതയിൽ അവിടെ പ്രയോജനം ഉണ്ടാകുകയായിരുന്നു അല്ലെ എൻ്റെ മോന് മോൻ അവന് ത്യാഗപരമായിട്ട് നിനക്ക് വേണ്ടി ജീവിച്ചതാണ് അവൻ്റെ അപ്പനെന്നുള്ള കെയറോഫി എന്നെ അങ്ങ് വെറുതെ വിടണേ എന്ന് പറഞ്ഞാൽ അതവിടെ വില പോവുകയല്ല നമ്മുടെ ഭർത്താവിൻ്റെ ദൈവഭക്തനായ ഒരു ഭർത്താവിൻ്റെ ഭാര്യയായിരുന്നു ഞാൻ സഹോദരി നിന്നോടല്ല അവിടെ ചോദിക്കുന്നത് അവിടെ ചോദിക്കുന്ന നീ നിന്റെ ജീവിതം സഹോദര നിന്റെ ജീവിതം നീ നീ അവിടെ ഒറ്റയ്ക്ക ഒറ്റയ്ക്ക ഇറ്റേണിറ്റിയിൽ നമ്മൾ ഒറ്റയ്ക്ക ഇന്ന് നമുക്കൊത്തിരി ബന്ധങ്ങളുണ്ട് നമ്മളൊരു വീട്ടിൽ ചിലരുടെ പിതാവായിട്ടും ഒരാളുടെ ഭർത്താവായിട്ടും അല്ലെങ്കിൽ ഒരാളുടെ ഭാര്യയായിട്ടും ഒരാളുടെ ചില ബന്ധങ്ങളുടെ ചില ഭാഗങ്ങളായിട്ടും ഒക്കെ നമ്മൾ നിൽക്കുന്നു ഈ ബന്ധങ്ങളെല്ലാം നമുക്കുണ്ട് പക്ഷെ മരിച്ചു കഴിയുമ്പോഴോ നിത്യതയിൽ ചെല്ലുമ്പോഴോ നാം ഒറ്റയ്ക്കാണ് ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് ഇന്നാളുടെ കെയ്റോഫി ഇന്ന ഇന്ന ഇന്ന കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്ത ആ ദൈവഭൃത്യൻ്റെ ഭാര്യ എന്നുള്ള നിലയിൽ എന്നെ ദൈവമേ നീ അങ്ങ് ക്ഷമിച്ച് അങ്ങനെ ഒരു പരിപാടിയില്ല പ്രിയപ്പെട്ടവരെ നിത്യതയെന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മുടെ റിലേഷൻസ് ഇല്ല ബന്ധങ്ങളില്ല രണ്ട് നിത്യതയില് നമ്മുടെ പൊസഷൻസ് ഇല്ല നമ്മൾ ഇവിടെ വെച്ച് കൊല കാര്യങ്ങൾ നേടി അത് ചെയ്തു ഇത് ചെയ്തു മറ്റേത് ചെയ്തു വീട് വീട് ചെയ്തു തീർത്തു കാറ് വാങ്ങിച്ചു മറ്റേത് ചെയ്തു ഇങ്ങനെ ചെയ്തു നമുക്ക് സമ്പാദിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ സമ്പാദിച്ച കാര്യങ്ങളും എന്ത് എന്തില്ല നിത്യതയിലേക്ക് എല്ലുമ്പോൾ നമ്മൾ സമ്പാദിച്ച കാര്യങ്ങളും ഒരു തീയിലൂടെ കടന്നു പോയതുപോലെ അത് വെന്ത് ചാമ്പലായി തീർന്നു നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മുടെ സമ്പാദ്യങ്ങളൊന്നുമില്ലാതെ ഏ നമ്മൾ ഒറ്റയ്ക്കാണ് നിക്കുന്നത് ചില ആളുകളെ കുറിച്ച് പറയുകയില്ലേ ഓ ആ അതിലൂടെ കടന്നുപോയി ഉടുതുണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ഏ ഗൾഫിൽ മുപ്പത്തഞ്ച് കൊല്ലം കഷ്ടപ്പെട്ടു ആ പൈസയും പോയി എല്ലാം പോയി ഉടുതുണി മാത്രമായിട്ട് അവശേഷിച്ചു ആ നിത്യതയിൽ ഞാനും നീ ഇങ്ങനെയാ ഇങ്ങനെ നിൽക്കാൻ പോകും നമ്മളെങ്ങനാ നമ്മൾ ഇന്നിവിടെ നേടുന്ന ഈ ലോകത്ത് നേട്ടമായിട്ട് കരുതുന്ന കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ ഒറ്റയ്ക്കാണ് ദൈവസന്നിധിയിൽ അവിടെ ചെന്ന് നിൽക്കാൻ പോകുന്നത് മൂന്ന് നമ്മുടെ കഴിവുകൾ അവിടെ കൗണ്ട് ചെയ്യപ്പെടുകയില്ല മറിച്ച് നമ്മുടെ ജീവിതമാണ് അവിടെ പരിശോധിക്കപ്പെടുന്നത് പ്രിയപ്പെട്ടവനെ ഞാൻ ഒരു കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടാനായിട്ടാണ് ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത് കർത്താവ് പറഞ്ഞു നിങ്ങളിൽ ഒരുവൻ എന്റെ ശിഷ്യനാകാൻ ആഗ്രഹിച്ചാൽ നിങ്ങൾ എന്ത് വേണം നിങ്ങളുടെ ബന്ധങ്ങളോട് ലൂക്കോസിന്റെ സുവിശേഷം ആ പതിനാലാം അധ്യായത്തിൽ ആ കാര്യം പറയുന്നുണ്ടല്ലോ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിലാണ് ശിഷ്യത്വത്തെ കുറിച്ച് അവിടെ എന്തുണ്ട് അവിടെ എന്റെ പിന്നാലെ ഒരുവൻ വരാന് ഉദ്ദേശിച്ചാൽ അവൻ എന്ത് ചെയ്യണം എന്റെ അടുക്കൽ വരിക അപ്പനെയും അമ്മയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും നോക്കുക റിലേഷൻസ് ഇല്ല ഒരു ശിക്ഷിത്വ ജീവിതത്തിൽ എന്തില്ല ഇന്നാരുടെ കെയർ ഓഫ് അങ്ങനെ ഒരു കെയർ ഓഫ് ഇല്ല നമ്മൾ അപ്പനില്ല അമ്മയില്ല മറ്റാളുകളില്ല ഭാര്യയില്ല ഭർത്താവില്ല നമ്മൾ നമ്മളൊറ്റയ്ക്ക് നമ്മുടെ ക്രൂശ്യമായിട്ട് കർത്താവിന്റെ പിന്നാലെ ഒറ്റയ്ക്ക് അതുപോലെ തന്നെ എന്തില്ല ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ലെങ്കിൽ മുപ്പത്തിമൂന്നാമത്തെ വാക്യം നമ്മൾ നേടിയ സമ്പാദ്യങ്ങളും ശിഷ്യത്വ ജീവിതത്തിലില്ല ശിഷ്യത്വ ജീവിതത്തിലില്ല നമ്മുടെ പൊസഷൻസ് നമ്മൾ നേടിയത് അതും അവിടെ ഇല്ല മൂന്നാമതോ സ്വന്ത ജീവനെയും പായിക്കുക ഇരുപത്തി ആറാമത്തെ വാക്യം എന്ന് പറഞ്ഞാൽ സ്വന്ത കഴിവുകൾ സ്വന്തം നേട്ടങ്ങൾ സ്വന്തം ആയിട്ട് നമ്മുടേതായ നമ്മുടെ സ്വയത്തിൻ്റെതായ ചില അങ്ങനെയുള്ള ആ അതിനെയും പകയ്ക്കും നിത്യതയുടെ വെളിച്ചത്തിൽ ഞാൻ നീ ജീവിച്ചാൽ നമ്മൾ എന്തു ചെയ്യും നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ട് ജീവിക്കും കാരണം നിത്യതയിൽ ഒരു ശിഷ്യത്വ ജീവിതമാണ് വിലപ്പോകുന്നത് അവിടെ എന്തില്ല ബന്ധങ്ങളില്ല നമ്മൾ നേടിയതില്ല നമ്മൾ സമ്പാദിച്ചതില്ല നമ്മുടെ സ്വയജീവനും അവിടെ പ്രസക്തമല്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് നിത്യതയെ നിത്യതയെ അതിൻ്റെ യഥാർത്ഥ തനിമയിൽ കണ്ടിട്ടുള്ള ആളുകൾ ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ ശിഷ്യത്വത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് കേവലം ഞാൻ കർത്താവിനെ വിശ്വസിച്ചു എന്ന് പറഞ്ഞ് ജീവിച്ചാൽ അതവിടെ നിത്യതയിൽ വിലപ്പോവുകയില്ല നിത്യതയിൽ ഞാൻ നീ ഒറ്റയ്ക്കാണ് നാം നമ്മുടെ ബന്ധങ്ങളോട് ഒരു വേർപിരിയൽ ഉണ്ടായിട്ടുണ്ടോ നിത്യതയിൽ നമ്മുടെ സമ്പാദ്യങ്ങൾ ഉണ്ടാവുകയില്ല ഇരുപത്തി ആറാമത് മുപ്പത്തി മൂന്നാമത് മൂന്നാമത്തെ വാക്യം തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നില്ല എങ്കിൽ ഓ അതുപോലെ തന്നെ മൂന്നാമത് സ്വന്തം ജീവനെയും പായിക്കുക ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെയും നമ്മൾ നിത്യതയെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിത്യതയെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ അത് ഒരു വെളിപ്പാടായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിത്യത ഇന്നേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങും ഗൾഫിൽ പോകാൻ ആഗ്രഹിക്കുക അല്ലെങ്കിൽ അമേരിക്കയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ചില ആളുകളില്ലേ അല്ലെങ്കിൽ ഒരു ദൂരസ്ഥലത്ത് പോകാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും ഹ അവരോട് പറയും നീ നാളെ അമേരിക്ക പോകേണ്ടതാണ് ഇപ്പോഴേ കത്തി മുള്ളൊക്കെ ഉപയോഗിച്ച് പഠിക്കുക ഏ നീ കയ്യും കൊണ്ട് ജുമ പത്ത് പേരലും കൊണ്ട് കണ്ടവനം വാരി തിന്നുന്ന പരിപാടി അവസാനിപ്പിക്കുക കത്തി മുള്ളും ഒക്കെ എടുത്ത് കാര്യം നീ നാളെ അവിടെ പോകേണ്ടതാണ് സഹോദര സഹോദരി നീ ഞാനും നാളെ നിത്യതയിലാണ് നിൽക്കേണ്ടതെങ്കിൽ ഇന്നേ അത് പ്രാക്ടീസ് ചെയ്യുക അവിടെ ചെന്ന് നമ്മൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ നമ്മളിവിടെ സമ്പാദിച്ചതൊന്നും കൊണ്ടുപോകുന്നില്ലെങ്കിൽ അവിടെ നമ്മളുടെ സ്വയജീവൻ വിലപ്പോകുന്നില്ലെങ്കിൽ ഇന്നേ അത് പ്രാക്ടീസ് ചെയ്യുക എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ കഴിയും ശിഷ്യത്വത്തിന്റെ ജീവിതത്തിലേ അത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് ദൈവസഭയിൽ ഈ ശിഷ്യത്വത്തിന്റെ വചനം പലപ്പോഴും ആവർത്തിച്ചു വരുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കങ്ങനെ ജീവിക്കാൻ ഒക്കെ നമുക്കിന്ന് അങ്ങനെ ജീവിക്കാനൊക്കെ ജീവിക്കാനൊക്കും ജീവിക്കാൻ ഒക്കും അപ്പൊ പറയൂ സഹോരൻ ഞാനിവിടെ ജീവിക്കുമ്പോൾ ഇതൊന്നും വേണ്ടേ ഭാര്യ പിള്ളേരും ഒന്നും വേണ്ട സഹോരനെ ഇങ്ങനെയൊക്കെ പറയാം ഏഹ് എനിക്കെന്തെല്ലാം കാര്യങ്ങൾ തീർക്കാനുണ്ട് എനിക്കെന്തെല്ലാം നേടാനുണ്ട് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇത് എല്ലാ കാലത്ത് ഘട്ടത്തിലെയും ഒരു വെല്ലുവിളിയായിരുന്നു ഒന്ന് കോരന്തിയർ ഏഴാം അധ്യായത്തിൽ പൗലോസ പറയുന്നത് നോക്കുക ഒന്ന് കോരന്തർ ഏഴാം അധ്യായം ഏഴാമധ്യായത്തിൽ പൗലോസ പറയുന്നു ഞാൻ ഈ ലോകത്താ ജീവിക്കുന്നത് പക്ഷേ ഈ ലോകത്ത് ജീവിക്കുമ്പോഴും ഞാൻ ഈ ലോകത്തിലുള്ള കാര്യങ്ങളോട് ഒരു വേർപിരിയലുണ്ട് ഞാൻ അതിനെ ഞാനിവിടെ ഒരു ഭർത്താവായിട്ടാണ് ജീവിക്കുന്നത് പക്ഷേ നോക്കുക അതിൻ്റെ ഏഴിന്റെ ഇരുപത്തിയൊൻപത് മുപ്പത് വാക്യങ്ങൾ നമുക്ക് നോക്കാം മുപ്പത്തൊന്ന് വാക്യങ്ങൾ ഒന്ന് കോരു ഏഴിന്റെ ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തൊന്ന് വാക്യങ്ങൾ എന്നാൽ സഹോദരന്മാരെ ഇതൊന്നും ഞാൻ പറയുന്നു കാലം ചുരുങ്ങിയിരിക്കുന്നു എന്ന് വെച്ചാൽ ഇറ്റേണിറ്റി അടുത്തു വരിക ഇറ്റേണിറ്റി അടുത്തു വരിക കാലം ചുരുങ്ങിയിരിക്കുന്നു ഇനി ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെ കണ്ടോ ബന്ധമുണ്ട് പക്ഷെ ബന്ധമില്ല ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും കരയുന്നവർ കരയാത്തവരെ പോലെയും സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലും വിലയ്ക്ക് വാങ്ങുന്നവർ കണ്ടോ ചില സാധനങ്ങൾ സമ്പാദിക്കുന്നുണ്ട് വില കൊടുത്ത് വാങ്ങിക്കുന്നുണ്ട് സ്വന്തമാക്കുന്നുണ്ട് എന്റേത് എന്ന് പറയുന്നുണ്ട് വിലക്ക് വാങ്ങുന്നവർ പക്ഷെ വിലയ്ക്ക് വാങ്ങുന്നവരെങ്ങനാ കൈവശമാക്കാത്തവരെ പോലും ഞാനത് പ്രൊസസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാനത് അതിനെ ഞാൻ അതിനെ പ്രൊസസ് ചെയ്യുന്നില്ല എന്റെ കയ്യിലതുണ്ട് പക്ഷേ ആ വിലയ്ക്ക് വാങ്ങി പക്ഷെ അതിലൊരു സന്തോഷമില്ല ഏ അതിലൊരു പരിധി കവിഞ്ഞൊരു കാര്യമില്ല ലോകത്തെ അനുഭവിക്കുന്നവർ ലോകത്തിലൂടെ ആണ് നമ്മൾ പോകുന്നത് ഇവിടുത്തെ ചൂടും തണുപ്പും ഇവിടുത്തെ അരിയുടെ വില കൂടലും എല്ലാം നമ്മളെ ബാധിക്കുന്നുണ്ട് പക്ഷേ അങ്ങോട്ട് വേണ്ട പോലെ ബാധിക്കുന്നുമില്ല ഇതൊരു പ്രത്യേക നടപ്പ് ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ ഹാലലിയ പ്രിയപ്പെട്ടവരേ ഈ ലോകത്തെ ഒരു ഔട്ട്സൈഡറായിട്ട് ജീവിക്കാൻ കഴിയുമോ ഔട്ട്സൈഡർ എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട് നമ്മളൊരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് പക്ഷെ ജോലി ചെയ്യുമ്പോഴും നമ്മൾ ആ സ്ഥാപനത്തിലല്ല ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് ഞാൻ മനോരമയിലാണ് ജോലി ചെയ്യുന്നത് പക്ഷേ ഞാനൊരു മനോരമക്കാരനല്ല മനോരമയിലാ ജോലി കമ്പനിയിലെ ജോലി ഞാൻ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാം ഒരു ഒരു ഒരു കുഴപ്പം കാണിക്കുന്നില്ല അവൻ്റെ അവിടെ ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ആ കമ്പനിയുടെ ഒരു ഭാഗമല്ല ഞാൻ ഐ ആം അൻ ഔട്ട്സൈഡർ ഔട്ട്സൈഡർ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ നിലയിലൊരു ഔട്ട്സൈഡർ അങ്ങനെ ഒരു മനോഭാവം നമുക്ക് കൊണ്ടുനടക്കാൻ ഒക്കുമോ നമ്മളിതെല്ലാം ചെയ്യുന്നുണ്ട് വിശക്കുമ്പം ഭക്ഷണം കഴിക്കുന്നുണ്ട് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നുണ്ട് ഓ ജോലിക്ക് പോകുന്നുണ്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട് വിശ്വസ്തനായ ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ ഇരിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ വിലക്ക് വാങ്ങുന്നുണ്ട് പക്ഷെ അനുഭവിക്കുന്നില്ല ആ വില കൊടുത്ത് വാങ്ങുന്നുണ്ട് പക്ഷെ കൈവശമാക്കുന്നില്ല ഇതൊരു ഇതൊരു നടപ്പാണ് പ്രിയപ്പെട്ടവരെ ഇതെങ്ങനെ നമുക്ക് നട ഇതിൽ ഈ ഒരു ജീവിതം നമുക്ക് എങ്ങനെ കൈയാളാനായിട്ട് കഴിയും കയ്യാളാനായിട്ട് ഒരു മാർഗമേ ഉള്ളൂ നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിച്ചാലേ അത് കഴിയുള്ളൂ നിത്യതയുടെ വെളിച്ചത്തിൽ ലിവ് ഇൻ ദ ലൈറ്റ് ഓഫ് ഇറ്റേണിറ്റി നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ നമ്മൾ